ഈ ഭൂമി ലങ്ക ഉമ്മയുടെ ശാപം കിട്ടിയാൽ പിന്നെ ജീവിതത്തിൽ ബാർ കിട്ടുവോ ഉമ്മാന്റെ ശാപം കിട്ടിയാൽ പിന്നെ ജീവിക്കുവോ ലോകാവസാനം വെളിപ്പാടുകളെടുക്കാനുള്ള കാരണമെന്താ അള്ളാഹുവിന്റെ പ്രഭാതകൻ പറഞ്ഞു അക്കിരി മുല്ലകളായി ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ അള്ളാഹുവാണിയായി തടിച്ചു വെച്ച പർവ്വതങ്ങൾ മുഴുവനെ തരിച്ച് നിരന്തരാക്കി ജീവിക്കാനുള്ള പണമുണ്ടാകുന്ന മോഹത്തിന്റെ പേര് നിങ്ങൾ അടിച്ചു തകർക്കരുത് ഈ ഭൂമിയുടെ ബാലൻസിന് നിങ്ങൾ തെറ്റിച്ചു കളയരുത് കൊണ്ടെല്ലാം മുഴുകുമറിച്ചിട്ട് പാക്കറ്റിന് പൈസ വീർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഭൂമിയുടെ സങ്കുലാവസ്ഥയെ തകിടം വരയ്ക്കരുത് സഹോദരങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനതയല്ല നശിപ്പിക്കാനുള്ള കാരണം അവര് ഫ്ളാറ്റ് പഠനതാ കേട്ടവൊള്ളാന്റെ ഖുആാൻ കേൾക്കുക ഞാനല്ല ഖുറാനാണ് പറയുന്നത് എനിക്ക് മാത്രം ജീവിച്ചാൽ മതി എനിക്ക് കോരെ പറ്റിച്ചിട്ടാണെങ്കിലും വേണ്ടില്ലാ ജീവിതത്തിന് നെട്ടോട്ടമോടുമ്പോ അല്ല പറയുന്ന ആദു ഗോത്രം തകർന്നതിന് ശേഷം നിങ്ങളെ ഞാനെല്ലേ ഭൂമിയിൽ കൊണ്ടുവന്നത് അത് സമൂത് ഗോത്രമായിരുന്നു അല്ല പറഞ്ഞു നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം വന്നപ്പോ ൂരി <Sýstupra> കുസൂറ നിങ്ങൾ ഈ ഭൂമിയിൽ ബംഗ്ലാവുകൾ പണിതപ്പോറ നിങ്ങള് ഫ്ളാറ്റുകൾ പണിതപ്പോ അള്ളാഹുവിന്റെ കൊറ്റാറങ്ങൾ നിങ്ങൾ പണു എത്തിയപ്പോൾ പാറക്കെട്ടുകൾ തുരന്ന് മാറ്റിയിട്ട് നിങ്ങൾ വീട് പണിയാടുങ്ങിയപ്പോ ഭൂമിയെ തകർത്ത് പണിതപ്പോ ൂ നമ്മിനെ ചിവാ തുറന്ന് മാറ്റിയിട്ട് വീട് പണതപ്പോ അല്ലാഹ് നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റിയില്ലേ എന്നെ കള്ള പറഞ്ഞ് കറുക്കറോ അല്ലാണ്ട് അനുഗ്രഹങ്ങളെ നിങ്ങൾ വിസ്മരിക്കരുത് അല്ലാണ്ട് അനുഗ്രഹങ്ങളെ തള്ളിക്കളയരുത് വരാറത് മുത്തിരി ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം ആരോടാ സമൂത് ഗോത്രത്തോടാണ് പറഞ്ഞത് എന്റെ സഹോദരങ്ങളെ സമൂത് ഗോത്രം ചെയ്ത പാപമെന്താ ചപ്പാരിക്ക സമൂഹത്തിന്റെ ചിന്തകള് കടന്നു വരട്ടെ സമൂത് ഗോത്രം മരണം വരുമെന്ന് ഓർമ്മയില്ലാതെ മരിച്ചിട്ട് നാളെ കബലിൽ കിടക്കേണ്ടതാണെന്നുള്ള ഓർമ്മയില്ലാതെ ശ്രദ്ധിച്ചു കേൾക്ക് മുസ്ലിമേ ശ്രദ്ധിച്ചു കേൾക്ക് മുസ്ലിമേ ആളെ കബലിൽ പോയി കിടക്കേണ്ടവനാണ് കിടക്കേണ്ടവനാണ് ഈ ഭൂമിയിൽ കാലാകാലം താമസിക്കാൻ ഒരു ദിവസം മരിക്കേണ്ടവനാണ് ആറരമണ്ണെന്ന് കബലിൽ കിടക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലാതെ കാലാകാലം ഈ ഭൂമിയിൽ താമസിക്കാനുള്ളവനാണെന്നുള്ള തോന്നലോട് കെട്ടിടങ്ങൾ പഴുതപ്പോ അള്ളാൻ പറഞ്ഞിട്ടും മരണത്തെ മറന്നപ്പോ അല്ല പറഞ്ഞു വേണ്ടി ആഞ്ഞു കൊടുക്കാ ഒരു ജലപ്രളയത്തിന്റെ നടുവിലാ സമൂഹത്തെ മുഴുവൻ അള്ളാഹു തുണച്ചു മാറ്റിയപ്പോഴുമാറ്റിയത് അമ്മാനെ മറന്നിട്ട് മറന്നിട്ട് വലിയ വീട്ടില് താമസിച്ചപ്പോ ഇന്ദിര മന്ദനം പുലം മുതൽ വരെ ദേശീയപാതയിലൂടെ ഒന്ന് സഞ്ചരിച്ച കേരളത്തിലെ ചെലവേറിയ വീടിന്റെ ഗുണമാല്ലയോ മുതൽ രാജവംശത്തിന്റെ ശില്പജാതിരിയെ പോലും തോൽപ്പിക്കുന്ന കെട്ടിടങ്ങൾ നമ്മുടെ ഇടയിൽ സ്ഥാനം പിടിക്കുമ്പോ ഓ അല്ലാതെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് തുണച്ചു മാറ്റിയത് അവര് ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കിയപ്പോഴാണ് എല്ലാ ഫ്ലാറ്റിന് വേണ്ടിയുള്ള മോണം റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയുള്ള മോണം വേണ്ട വേണ്ടിയാമത്തെ അടയാളമാണ് അമ്പരശുദ്ധികളായി കെട്ടി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ അത് സമൂഹത്തിന്റെ പതനകഥ പറയുന്നതാണ് അതുകൊണ്ട് ഭൂമിയെ നിങ്ങൾ നോവിക്കരുത് ദേശീയ കൊണ്ട് ഉഴുതു മറിക്കരുത് ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണേ ഉമ്മക്കും ഈ ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് ഉമ്മയുടെ ചാപം കിട്ടിയാ പിന്നെ മോനെ നീ ഗെടിപിടിക്കില്ല നീ ഗെടിപിടിക്കില്ല ഈ ഭൂമി നിന്റെ തകർത്ത് കളയും അറിവ് ീ ഭൂമി കിട്ടുകിടാ നിറക്കുകയാണ് അതിന്റെ ആണിപ്പണിച്ചൂറിയത് നീയല്ലേ അതുകൊണ്ടല്ലയോട് നിറക്കുന്നതെന്ന് അല്ലാണ്ട് പുറ അള്ളാഹി ലോകത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള അവസ്ഥയിലാണ് ഒരു സുനാമി ആഞ്ഞുവീശിയപ്പോ ജപ്പാൻ നാല് എത്തടിയാണ് നീങ്ങിപ്പോയത് ഭൂഗോളം മുഴുവനും നാലടിയാണ് നീങ്ങിപ്പോയത് സഹോദരങ്ങളെ നീങ്ങി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ച് ഒരു പത്ത് വർഷം അറുനൂറ് വർഷം കൂടി കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പകുതിയെ കാണുകയുള്ളു മലേഷ്യ ഇപ്പോൾ നിൽക്കുന്നിടത്ത് മാറാങ്ങും ഈ ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രം ുരുക്കി കൊണ്ടിരിക്കുകയാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഖർ ആൻ പറഞ്ഞു അവനവ് അന്നള നെങ്കുറാവിഹാ അവനവറവ് ചെയ്യാമത്തുനാവിന് നിക്ഷേദിക്കുന്ന സത്യനിച്ഛേദികൾ കാണുന്നില്ലേ അന്നാ നഴുപ്പിൽ അറള ഈ ഭൂമി അനാക്കുകയാണ് നെങ്കു സുഹാമിൻ അത്ര അതിന്റെ സൈഡിൽ നിന്ന് ഈ ഭൂമിയെ ഞാൻ ചുരുട്ടിക്കൊണ്ടുവരികയാ അല്ല പറയുന്നു ഞാനിതിനെ ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ചുരുട്ടി ചുരുട്ടി വന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത് ഈ ഭൂഗോളത്തെ അത് ചുരുക്കുകയാണ് ചുരുട്ടി ചുരുട്ടിയെന്ന് വന്നുകഴിയുമ്പോ അവസാനം നടുക്ക് നിൽക്കുന്ന പെൺ മുഴുവനെ ചുരുട്ടിയതിന്റെ ഇടയിൽ കിടന്ന് പണയുന്ന ദിവസമാണെന്ന് തിരിച്ചറിയുമ്പോ ഇന്നലെ നിറത്തിയെടുത്തേക്ക് വീണ് ഞാൻ തിരിച്ചു പോകട്ടെ സഹോദരങ്ങളെ പ്രശ്നം വിശാലമാണ് ഏറെ പറയാനുള്ള സമയം ഞാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അറിഞ്ഞുകൊള്ളുകൾ കാഴ്ചപ്പെടുത്തി സത്യാവസ്ഥയിലെത്തിച്ചു ശാസ്ത്രവും പറയുന്നു ലോകം അവസാനിക്കാൻ അവസാനിക്കാൻ പോകുന്നു അതുകൊണ്ടാണ് സീവൻ ഹോക്കിംഗ് വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞത് ലോകാവസാനം അടുത്തിരിക്കുകയാന്റെ കാരണമാണ് ഒന്ന് ആണവ മറ്റൊന്ന് ആഗോള താപനമാണ് വർദ്ധിച്ചു വരുന്ന ചൂടാണ് രണ്ടാമത്തേത് ആണവ വികിരണങ്ങളാണ് ജപ്പാനിലെ നാലാമത്തെ റിയാകരണം ചരണമുണ്ടായി കഴിഞ്ഞു അണുവായുധങ്ങൾ പ്രസരിക്കപ്പെടുകയാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെ അണുവായുധങ്ങൾ വ്യാപകമായി കഴിഞ്ഞ് പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യൻ താമസിക്കാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ മനുഷ്യനിന് ചന്ദ്രന് താമസിക്കാൻ പറ്റുമോ എന്ന് ഭൂമിയിൽ താമസിക്കാൻ കഴിയില്ല ചൂട് വർദ്ധിക്കുകയാണ് മനുഷ്യൻ കത്തിക്കരയുകയാണ് ഇനി ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന് മനുഷ്യൻ യാണ് എന്തിനാണ് ചന്ദ്രനിൽ പോയി താമസിക്കുവാനോ കഴിയുമെങ്കിൽ പോയി കൊള്ളട്ടയോ ഭൂമി വിട്ടിട്ട് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകണ്ട എന്ന് പുറം പറഞ്ഞിട്ടില്ല അള്ള പറഞ്ഞു നിനക്ക് പറ്റില്ലെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് യാത്ര ചെയ്തോൾ തും സമാവാതി ൂതവർഗമേ ഈ ഭൂമിയിൽ നിനക്ക് താമസിക്കാൻ കഴിയില്ലെങ്കിൽ അടുത്ത ഗ്രഹത്തിലേക്ക് നീ പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കൊള്ളുക പറ്റില്ല എന്ന് കുറാൻ പറഞ്ഞിട്ടില്ല പറ്റും പറ്റേ ഒരു ശ്രമകരമായ ജോലിക്ക് ശേഷമല്ലാതെ അത് സാധ്യമല്ലാസയാ ജോലി ചെയ്യുകയാണ് ശ്രമകരമായ പരീക്ഷണം നടക്കുകയാണ് സഹോദരങ്ങളെ എന്തുമായി കൊള്ളട്ടെ തിരിച്ചു വരാം ഇസ്രാവിൽ ൂതി കഴിഞ്ഞാൽ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടും ഊതി കഴിഞ്ഞാൽ മൃഗങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് മനുഷ്യൻ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തം മുൻപ് തിരിച്ചറിയുന്നത് മൃഗങ്ങളാണ് മൃഗങ്ങളാണ് ാണ് മൃഗങ്ങളാണ് വരാനിരിക്കുന്ന ആപത്ത് വെളിച്ചറിയിക്കുന്നത് പോലെ വന്യമൃഗങ്ങളും മുഴുവനും ഒരുമിച്ച് കൂടും അല്ലാണ്ട് പർവ്വതങ്ങൾ മുഴുവനും തകർന്ന് ആടുമാടുകളും മുഴുവന് ചത്തൊടുകും ഈ വടവൃക്ഷങ്ങളും മുഴുവന് പിരിതറിയപ്പെടും ഭൂകമ്പം ബാധിച്ചത് പോലെ പ്രേപാപിച്ചതുപോലെ ഭൂമി കിടന്ന് ഘടകടാൻ തുടങ്ങുമെന്ന് എല്ലാം തകർന്ന് ധരിപ്പണമായി പിന്നീട് സൂര്യനില്ല ഭൂമിയില്ല നക്ഷത്രങ്ങളില്ല ഈ കാണുന്ന പർവ്വതങ്ങളില്ല മനുഷ്യരില്ല മൃഗങ്ങളില്ല എല്ലാം തകർന്ന് ധരിപ്പണമായി ഏകനായ റബ്ബു മാത്രം പാട്ടിയ എന്ന് വിശുദ്ധ കുർആൻ അല്ലേ അപ്പൊ അതിന് ശാസ്ത്രീയ നിഗമനങ്ങളൊക്കെ കിട്ടിയില്ല എല്ലും മരിപ്പ് അയ്യാമത്താളായ ലോകാവസാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർവ്വതം അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി അഹ്റായിരുന്നു എന്നാൽ തന്നെ റൂപ്പിടിക്കണ്ടേ മനുഷ്യർ മുഴുവനും മരിച്ചുടുങ്ങി മയ്യത്തുകൾ മുഴുവൻ ഒരു പ്രളയം പോലെ നടക്കുറിച്ച് ഖാൻ പറയുന്ന എന്താ ഉമ്മ മോളെ ട്ടിലിരുന്ന് മുലയൂട്ടുന്ന കുഞ്ഞിനെ പരിച്ചെറിഞ്ഞിട്ട് ഉമ്മയോടും അതിന്റെ ഒരു കണ്ട പതിപ്പല്ലേ ഭോപ്പാൽ ദുരന്തം ഭോപ്പാൽ ദുരന്തം യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന വിഷവാതകം ഭോപ്പാലിലെ കമ്പനിയിൽ നിന്ന് പൊടുത്തിറച്ച് ഭോപ്പാലിന്റെ അന്തരീക്ഷത്തിൽ വീണപ്പോ ശ്വാസം മുട്ടയിട്ട് ഒരല്പനേരം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാതാപിതാക്കളും മക്കളെയും എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി ഓടി ഓടി ഓടി ഒരു മാതാവ് ഭോപ്പാൽ ഗ്രന്ഥത്തിന്റെ ചിത്രത്തിൽ കാണാൻ ഓടി ഒരു മാതാവ് കയ്യിൽ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഓടുക ഓടി ഓടി ആശുപത്രിയുടെ വരാന്തയിലെത്തിയപ്പോൾ ശ്വാസം മുട്ടിയിട്ട് ചുമച്ചിട്ട് യൂണിയൻ കാർഡ് എടുത്തു ഈ ശരീരത്തിലോട്ട് പതിച്ചിട്ട് ശ്വാസം കിട്ടാതെ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത ആ മാതാവ് എങ്ങനെയെങ്കിലും പോയി കയറിയാലും ജീവൻ രക്ഷിക്കാമോത്തോ കൊച്ചിനെ വെച്ചോണ്ട് ഓടാൻ പറ്റൂല ആശുപത്രി വരാന്തയിൽ വെച്ച് മരണം മുന്നിൽ കണ്ടപ്പോ ഒക്കത്തിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് ഇട്ടത്തോട്ടിറങ്ങി എറിഞ്ഞിട്ട് ഈ പെണ്ണ് ഈ മാതാവാകത്തോട്ട് കയറി ഹോസ്പിറ്റലും എപ്പോ ഒരു ചെറിയ വിഷവാതകം ചോദിച്ചപ്പോ ഒക്കത്തിരുന്ന് മുലയൂട്ടുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഉമ്മ ആശുപത്രിയിൽ കയറി അവരാ വരാന്തയിൽ കിടന്ന് രക്തം ചർദ്ദിച്ചു അപ്പൊ കിയാമത്താണ് വരുമ്പോഴും എന്താ ഇതിന്റെ വിജിതമായ അവസ്ഥ അസറായിൽ എല്ലാതെ മോഹിനെ പിടിക്കും ജിബിലിയിൽ മരിക്കും മുൻകർ മരിക്കും നക്കീർ മരിക്കും റക്കീബ് മരിക്കും അഫീബ് മരിക്കും സർവ മലക്കുകളുടെ കാരണം അള്ള മാത്രേ ബാക്കിയാക്കു എല്ലാവരും മരിക്കും എല്ലാ പിടിക്കും മുൻകറിനെ പിടിക്കും നക്കീറിനെ പിടിക്കും സർവ്വത്തിന്റെയും പിടിക്കും അവസാനം ഏറ്റവും അള്ളാഹും അസറായിൽ അലഹി സ്വലാത്തു വസ്സലാം നാല് പാട് നോക്കും അസറായിൽ നിന്ന് പേടിയാകും പടച്ചോന് ആര് മാത്രം ബാക്കിയായാൽ മതി അള്ള മാത്രം ബാക്കിയായാൽ മതി അസറായിൽ ബാക്കിയാകും പാടില്ല മാലാഖ എല്ലാവരുടെയും ദൂഹിന് അസുറായിൽ പിടിക്കും അസറായി ലോകത്തുള്ള ആദന അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇതേ വരെയുള്ള സർവ്വ ആളുകളെയും ദൂഹ് പിടിക്കുന്നത് അസറായി അസ്രായി നോക്കു അസാഹു നോക്കി അസ്രായിലെ ആരൊക്കെയുണ്ട് ബാക്കി ഞാനും നീ ഉണ്ട് അള്ളാഹുവേ ആര് ബാക്കിയാകണം നീ മാത്രം ബാക്കിയായ മതി അള്ളാഹുവേ ശരി ജോലി തീർന്നാ പിരിച്ചുവിടണ്ടേ അലൈഹിന് ജോലിയില്ല അസറായി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൂഹിനെ ആര് പിടിക്കും ആര് പിടിക്കും അള്ളാഹ പിടിക്കും അല്ല അവാഹവറയും അസറായിലെ നിന്റെ റോഹിനെ നീ തന്നെ പിടിക്കുക ലോകത്തിന്റെ എല്ലാ ചരാചരങ്ങളും ഈ ഭൂമിയിൽ നിന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ മലക്കെസറായിൽ കാഠിന്യമില്ലാത്ത കാരുണ്യമില്ലാത്ത ഇതേവരെ തിരിക്കാൻ നനക്കെടാത്തറായിവരെ തന്റെ റോഹിനെ സ്വന്തമായിട്ട് പിടിക്കാൻ തുടങ്ങും അവസാനം സ്വന്തമായി റൂഹു പിടുത്തു റൂഹുപിടുത്തു റൂഹു പിടിച്ച് തൊണ്ടക്കുടിയിലെത്തുമ്പോ ആ സമയത്ത് മരണവേദന അനുഭവിക്കാൻ തുടങ്ങുമ്പോ ോട് പറയും അള്ളാഹുവേ മരണത്തിന്റെ വേദന ഇത്രത്തോളം വലുതാണെന്ന് ഇതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവേക്കറേന ഇത്രയും പ്രയാടകരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യന്റെ നോട് പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല അള്ളാഹുവേ ആരാണ് സഹോദരങ്ങളെ പറയുന്നത് രക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനപദ ആത്മാവ് കൊത്തിപ്പറന്ന നാലാകാ മരിച്ചിൽ നിന്ന് ഭർത്താവ് ോട് സല്ലാദം പറയുമ്പോ ഭാര്യയെ പിടിച്ചു നിർദ്ദാക്കന്യം കടന്നുപോയ മലത്ത് മക്കളുടെ റുഹിന് പിടിച്ചുപോയ മലത്ത് ആ മലക്കാണ് പറയുന്നത് അല്ല മരണത്തിൽ ഇത്രത്തോളം ഒരു മനുഷ്യന്റെ റുഹു പോലും ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ല സഹോദരങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാക്തിയുന്നതിന് ഒട്ടും എതിരുകൾക്കാട് അവൻ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു മലക്കിന് പോലും മരണവേദന ഇതാണെങ്കിൽ അള്ളാഹുവേ എന്റെയും നിങ്ങളുടെയും മരണവേദന എന്താ അള്ളാഹു മരണവേദന ലഘൂകരിച്ചു നൽകട്ടെ സഹോദരങ്ങളെ മരിച്ച ഒരാൾ അടുത്തുപോയാൽ നമുക്ക് കാണാൻ അവന്റെ മലവും മൂത്രവും വെളിയിലോട്ട് വീണിട്ടുണ്ടാകും അസുറാ റോഹ് ശരീരത്തിൽ നിന്ന് വിട ഈ റോഹ് ശരീരത്തോട് ശരീരവും റൂഹും ഞണ്ടായി മാറുമ്പോ ആ സമയത്തറിയാതെ മലമൂത്ര വിസർജനം നടന്നു പോകും മരണവേദനമല്ലാത്ത വേദനയാണ് കൊത്തിക്കരഞ്ഞു പോകുന്ന വേദനയാണ് ആദരവായ റസൂൽ എന്ന് പോലും കൊത്തടിൽ നിന്ന് അല പിന്നെ മരണവേദന വല്ലാത്ത വേദനയാണ് മോളെ മരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് വരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ അസറായിലും മരിക്കും അങ്ങനെ അഹറായിലും മരിക്കും ഏകനായ അള്ളാഹു മാത്രം ബാക്കിയാകും അള്ളാഹു നമ്മുടെ മരണവേദന രൂപീകരിച്ചു നൽകട്ടെ മരണവേദന കുറയാൻ ഒരു കാര്യം പറഞ്ഞാൽ സൂറത്ത് മരണത്തിന്റെ വേദന കൊറച്ചു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ് സൂറത്തു അള്ളാഹു അങ്ങനെ എല്ലാവരും മരിച്ചു അള്ളാഹു മാത്രം ബാക്കിയായി പിന്നെ ഈ ലോകത്തൊന്നും ഇല്ല ഒരു സാധനവും എല്ലാം തോന്നുന്നു ഇനി ഇസ്രാവിൽ രണ്ടാമത് നമ്മൾ കൊണ്ടുപോലെ പഠിച്ചിട്ടുണ്ട് ഇസ്രാഫീലിന്റെ ജോലി എന്താ ഓരോ മലക്കേൽക്കും ഓരോ ജോലി മിക്കയില് മദ്രസേൽ നിന്ന് പിള്ളേർ മഴയെ മലക്കാകുന്നു അപ്പൊ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ട് മദ്രസാ കുട്ടികളുടെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്രാഫീലും സൂറന്ന ബാഹലത്തിൽ രണ്ട് പ്രാവശ്യം കൂതുന്ന ജോലിയാണ് ഒരു പ്രാവശ്യം കൂതുമ്പോ ലോകം അവസാനിക്കും രണ്ടാമത് ഊതുമ്പോ രണ്ടാമത് ഊതുമ്പോ പരലോകം തുടങ്ങും ഇസ്രാഫീല് രണ്ടാമത് ചൂറുന്ന കാകളത്തിരൂത് കൂതുമ്പോൾ എന്താ സംഭവിക്കുക ഖുറാൻ എന്നെ പറയട്ടെ സുമനുസീഹറിയോ അള്ളാഹുവിന്റെ ഖുറാൻ പറയുന്നു സുമിഹ ഇസ്രാ വീര് സൂറം നാകലത്തില് രണ്ടാമതോടുമ്പോ അല്ല പറയും ഇസ്രാദീലിനോട് ഇസ്രാബീലെ സൂറന്ന കാകലത്തില് രണ്ടാമതോടുക രണ്ടാമത് ഇസ്രാവിൻ ഊരിക്കുമ്പോ എന്നുറോ ആ സമയത്ത് മരിച്ചു കിടക്കുന്ന മുഴുവൻ മനുഷ്യരും അവരാ മരിച്ചെടുത്ത് നിന്ന് ചാടി വിശുദ്ധ കുറവാൽ ഇസ്രാവിനോടും ഇസ്രാവിൽ രണ്ടാമത് ഒന്നുകൂടി ഊതുക അപ്പൊ എന്ത് സംഭവിക്കും സംശയം എല്ലാം ഉണ്ട എല്ലാവരും മരിച്ചു കിടക്കുകയല്ലേ അവന് ഇസ്രാവിൽ മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അല്ലാദു പറഞ്ഞു ആ സമയമാകുമ്പോൾ അവാഹു തീരുമാനിച്ച രണ്ടാമത് സൂറുന്ന കാകളത്തിൽ ഉതാനുള്ള സമയമാകുമ്പോ ആ സമയത്തെവിടെ നിന്നോ പെട്ടെന്നൊരു മഴ പെയ്യും ആ മഴത്തുള്ളിൽ മരിച്ചു കിടക്കുന്ന ഇസ്രാവീലിന്റെ ശരീരത്തിൽ വീഴുമ്പോ ഇസ്രാവീരേ ഇസലാ തുമസാം മുസ്തഫ ഖുറാനിന് സ്വന്തം ജീവിതം കൊണ്ട് ഭാഷ അല്ലാതെ വസ്തു പറഞ്ഞു മഴ ആ മഴ പെയ്യുമ്പോൾ മരിച്ചു കിടക്കുന്ന ഇസ്ലാ ചാടി എഴുന്നേൽക്കും അപ്പൊ ചാടി എഴുന്നേൽക്കുന്ന ഇസ്ലാ നിങ്ങൾ ചാടി എഴുന്നേൽക്കുമല്ലോ ഊത് ഇസ്രാവിന്റെ ഊത് ഇസ്രാവിന് സൂറന്ന ഗാഹലത്തിലൂരുവോന്നേരമുഖും കിടക്കുന്ന ഇത് മറ്റൊരാളുടെ കഥയല്ല എന്റെയും നിങ്ങളുടെയും കഥയാണ് നമ്മൾ ക്ഷതക്കുന്ന കബലിൽ നിന്ന് ചാടി എഴുന്നേൽക്കും അത്രേ ഇസ്രാവിൻ ഊർ ഈ ഇസ്രാവീലിന്റെ ഊതർ എന്ത് ഊതും ഒരു ശബ്ദം ഉണ്ടാകുമല്ലോ എത്രാവിൽ ഊതി ഊതി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഊതും എന്ത് ശബ്ദമാണ് ഇൻകാനത്ത് ഇല്ല സൈഹസം വാഹിദ ഇൻകാനത്ത് ഇല്ല സൈഹസം വാഹിദാ ഇസ്രാവിലിന്റെ സൂറന്തകാഹളത്തിന്റെ ശബ്ദം എന്താണ് ഖുർആൻ പറയുന്നുണ്ടോ അതൊരു ഇടിപുഴക്കം പോലൊരു ശബ്ദമാണ് ഒരൊറ്റ ഇടിവെട്ടത് പോലെ ഒരു വെച്ച ശബ്ദം കേൾക്കും കബറിൽ കിടക്കുന്നവര് ചാറിയേക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഇസ്രാവിന്റെ സൂറന്ത ശബ്ദം ഏതാ എന്താ ൻ പറഞ്ഞ്ാതെ പറയുന്ന ഒരു ഗൗരവമായ രംഗമുണ്ട് അവരിടിമുടക്കം പോലൊരു മുഴക്കമല്ലാതെ മറ്റൊന്നുമല്ല ആ ഇടിമുടക്കം മുഴങ്ങിക്കഴിഞ്ഞാൽ യാസീനിന് ഇത്ര ഗൗരവത്തോട് ഒരു വാക്ക് കാണാൻ കഴിയില്ല അന്നേരം അവരെല്ലാവരും അല്ല പറയുകയാണ് അവർ അവരെന്ന് പറഞ്ഞാൽ ഒരുത്തരം ജമീവുന്നവരെല്ലാവരും അള്ളവർ ഇന്ന് വൈതാന്നേരം അവർന്ന് പറഞ്ഞാൽ പിറ്റുകുഞ്ഞു പോലെ വിട്ടുപോകില്ല ജമീന് സർവൈന എന്റെ മുമ്പില് ലതൈന നമ്മുടെ മുമ്പില് ആദരാക്കപ്പെടുകയാണ് അവരെന്നു പറഞ്ഞാൽ ഒരുത്തനേ മാറ്റില്ല അവന്മാരെമാരും ഇസ്രാവിന്റെ ഇടിമുഴക്കം കേൾക്കും കിടക്കുമ്പോ നമ്മളൊക്കെ എവിടെ കിടക്കുക ഖബറി കിടക്കും ചാടി എഴുന്നേക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് ഒന്ന് വിചാരിച്ചിരിക്കും നമ്മൾ വീട്ടിൽ ഉച്ചക്ക് കിടന്നു നാലുമണിയാകുമ്പോ മാനം കറും മഴ പെയ്യാൻ പോകുന്നു നമ്മള് നല്ല ഉറക്കത്തിലാകും ഊരിടിയെന്ന് കെട്ടിയ വീടും എല്ലാം കൂടെ പുരുങ്ങി നമ്മള് കിടക്കപ്പാ അതിന്റെ ചാടി എഴുന്നേക്കും അല്ലേ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ പിന്നെ നമുക്കിപ്പ എവിടെ നല്ല ഉറക്കത്തിൽ നിന്ന് തന്നെ ഇപ്പൊ കിടന്നെടുത്ത് തന്നെയാണോ എഴുന്നേറ്റത് ഇത് എവിടെയാണ് എന്റെ അമ്മായി വീടാണോ എന്റെ സ്വന്തം വീടാണോ ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല നല്ല ഉറക്കത്തിൽ നിന്ന് എവിടെയാ നിക്കണേന്ന് അറിയാൻ പറ്റൂ പറ്റോ തരംതിരിയോ ഇല്ല അപ്പഴൊരു ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് ഈ ശബ്ദം എവിടെ ഇസ്രാബീരിന്റെ എങ്ങനെയാണ് ഇസ്രാബീലിന്റെ സൂറന്ന കാഹളം കേട്ടിട്ട് ഉറപ്പത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോ ആ വല്ലാത്ത ശബ്ദം കേട്ട് ഗാഠമായ നിത്രകെടിനെഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുന്ന നമ്മളെല്ലാവരും എന്ന് ഞാനും നിങ്ങൾ ചോദിക്കുന്നതാണിത് ചൂറത്തെ ആ സീനിലുള്ള നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ് യാവൈനാ ഞങ്ങളുടെ നാശമേ യാവൈരനാ ഞങ്ങളുടെ നാശമേ മമ്പഴസനാ വിം മറുത്തതിനാ ഞങ്ങൾ കിടന്നുറങ്ങുകയായിരുന്നല്ലോ ഉറങ്ങിക്കിടന്ന കവറിൽ നിന്ന് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ഒരു ശബ്ദം ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിന് തടസ്സമുണ്ടാക്കിയത് ആ സമയത്ത് ചുറ്റുഭാഗത്ത് നിരന്ന് നിൽക്കുന്ന മലക്കുകളാണ് ആ ചോദ്യത്തിന് മറുപടി പറയുക അള്ളാഹു നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയ അള്ളാഹുവിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര സത്യമാണ് സത്യമാണെന്ന് നിങ്ങളോട് പറഞ്ഞ മഹിഷറയുടെ തുടക്കമാണിത് നിങ്ങൾ നിൽക്കുന്നതാണ് മഹിഷറ അവ നിങ്ങളോട് പേടിക്കാൻ പറഞ്ഞ പ്രമാചകന്മാരുടെ മുന്നറിയിപ്പ് നൽകിയ പഴലോയുടെ തുടക്കമാണിത് സുഹൃത്തുക്കളെ വരുന്ന ദിവസം മഹിഷറ അകത്തുള്ളതെല്ലാം മകുബറ ുന്ന സർവരും എഴുന്നേൽക്കുമത്രേ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു താഴ്മകളൊരു സൂര്യന് വെച്ച് നിൽക്കുന്നു ആടച്ചെമ്പിന്റെ തറ നില്ക്കുന്നു ചിലരു വൃത്തോളം വിയർപ്പില് ചിലര് നദിയോളം എവിടെ കാണോ എഴുന്നേൽക്കുന്നത് അതാണ് മഹേഷറ് അതാണ് മഹേഷറ് അതാണ് മഹേഷര് ഒരു താഴ്മ സൂര്യനാണ് ആടച്ചെമ്പിന്റെ തറയാണ് അവിടെ കാണുന്നേൽക്കുക അള്ളാഹുവേ അള്ളാഹുവേ ഭീകമാണ് മഹേശ്വറ ഇവിടെ നമുക്ക് സൂര്യൻ പതിനഞ്ച് കോടി കിലോമീറ്റർ മുകളിൽ നിന്നിട്ട് സഹിക്കാൻ കഴിയുന്നില്ല പത്ത് മിനിറ്റ് ഒന്ന് പാനമോ ബായി ഭയാർ ഉറക്കത്തിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു താഴ്മ സൂര്യൻ മുകളിൽ നിൽക്കുമ്പോഴും സഹിക്കാൻ കഴിയുന്നിരുന്നില്ല വേർപ്പിൽ മുങ്ങിക്കൊളിക്കുകയാണ് ചിലര് മുട്ടോളം വിയർപ്പില് ചിലരയോളം വിയർപ്പില് ചിലര് നെഞ്ചോളം വിയർപ്പില് ശരീരം മുഴുവനും വേർപ്പില് മുങ്ങിക്കൊളിക്കുന്നു രണ്ട് ചൂടാണ് മുകളിൽ നിന്നും ചൂട് ളക്ക ചൂടാണ് അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു പോകുമല്ലാഹേ അല്ലാഹു അല്ലാഹു വിചാരണ നടത്തിയിട്ട് നരകത്തിലോട്ട് വിട്ടാലും വേണ്ടില്ല ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേരാണേ ഞാൻ നിങ്ങളും റബ്ബിനോട് പറയുമല്ലാഹേ വിചാരണ നടത്തിയിട്ട് നാരകത്തിലോട്ട് വലിച്ചെറിഞ്ഞാലും വേണ്ടില്ല ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഇത് പറഞ്ഞു പറഞ്ഞില്ല അവരെ നരകം കാണാത്തത് കൊണ്ട് പറഞ്ഞതാണ് നരകമെന്നാലും അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ നാടിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരുമായിരുന്നില്ലെന്ന് അള്ളാഹുന്റെ സഹോദരങ്ങളെ പിന്നീട് ഹിതാബിന് വേണ്ടിയുള്ള വിലയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് വിചാരണ തുടങ്ങിന്റെ അള്ളാഹുവിന്റെ മുമ്പില് കണക്ക് പറയേണ്ടതില്ലേ എല്ലാവരും നെട്ടോട്ടമോടുന്നു എല്ലാ പ്രവാചകന്മാരും കൈയൊഴിയുന്നു അള്ളാന്റെ വസൂ ഇബ്രാഹിം നബിയെ കണ്ടാൽ ഇസ്മാഹിൻ നബി ഒഴിഞ്ഞു മാറും ഇസ്മാൻ നബിയെ കണ്ടാൽ ഇബ്രാഹിം നബി ഒഴിഞ്ഞു മാറും കാരണമെന്താ ഇബ്രാഹിം വെച്ചു ഇരിക്കുന്നത് എന്താ ഇസ്മാൽ പൊന്നുമോനല്ലേ മഹിശറയിൽ വെച്ച് കണ്ടിട്ട് ഉപ്പാ ഒരു സുരള്ളാ പ്രതിഫലം എനിക്ക് തരാ പറഞ്ഞാല് മരിച്ചറയല്ലേ കൊടുക്കാൻ പറ്റുമോ പൊന്നുമോനല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എല്ലാ ും വിജിഞ്ഞ് പോകുന്ന ആരാ കണ്ടാലും തിരിഞ്ഞുനാക്കാത്ത ദിവസമാണ് മഹിഷറ ആർക്കും ആരേ തായി സാനി ഇല്ലാ മസാ വല്ലൈസലിൽ വിൽസാനി ഇല്ലാ മസാ അവനവൻ പ്രവർത്തിച്ചതെന്നാൽ അവനവന് കിട്ടുകയില്ല വല്ലാത്ത ദുറുവാഹുതക്കും വിപുറ വിഹുറ ഒരാള് ചെയ്ത തെറ്റും മറ്റൊരാൾ ഏറ്റെടുക്കില്ല അവന്റെ നന്മയുടെ ബലിഫലമെല്ലാം അവന് കിട്ടുകയില്ല അവൻ ചെയ്ത തെറ്റില്ല അവരാലും മറ്റൊരാള് കേറിപ്പെടുക്കുകയില്ല മത്സവാതകന്മാര് പോലും നെട്ടോട്ടം ഓടുകയാണ് യൗമയതോ അതും നപ്പസി നപ്പസി ലഭസി നശസി നപ്പസിയ യോമയതോ അമ്പിയാമ്മതിയാമ്മതിയാ കൗമിയ എല്ലാവരും ശരീരത്തിന് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോ അതാ പ്രവാചകൻ കടന്നു വരുന്നു നമ്പിയാലോകത്ത് കൈവരിക്കാൻ ശുപാർശ ചെയ്യാൻ അള്ളാഹുലിന്റെ പ്രവാചകൻ കടന്നു വരുന്നു അള്ളാഹുവിനോട് പേന വീഴ്ചിക്കുന്നു അള്ളാഹുവേ ഒന്ന് നടത്തുമോ അള്ളാഹുവേ വിചാരണയൊന്ന് നടത്തുമോ വിചാരണയൊന്ന് നടത്തുമോ പ്രവാചകന്റെ ശുപാർശ മൂലം അള്ളാഹുരി താവ് നടത്താൻ വരുന്നു എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുമ്പോ അതാ അതാ അതാ ഉപരിലോകത്ത് വെള്ളി പ്രകാശം മേഘജാതകങ്ങൾ ഒരുമിച്ചു കൂടുന്നു ലക്ഷക്കണക്കിന് മലക്കുകൾ ഇറങ്ങിവരുന്നു ആളുകൾ നോക്കും അവ്വാഹുയരുന്നള്ളുകയാണോ ഇത് പറയുമ്പോൾ അവ്വാക്ക് അവന്റെ തച്ചസ്ഥയായ അതാത്താണ് അവന്റെ നൂറാണ് കൈയിലെ കാലിന്റെ രൂപമില്ല അള്ളാ കഥാത്ത് വെളിവാകുകയാണോ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് മലക്കുകൾ വരുമില്ല അല്ലാണ്ട് കാത്ത് വെളിവായിട്ടില്ല ആ വന്ന വലക്കുകൾ നമ്മെ മുഴുവനും വട്ടം ചുറ്റിയിട്ട് അവിടെ നിൽക്കും വൽമലക്കു സപ്പാ മലക്കുകളല്ല സത്യസത്തായിട്ട് നിൽക്കലായി പ്രതികളായ നമ്മൾ നടുക്ക് മലക്കുകൾ നമുക്ക് ചുറ്റുമ്പോൾ ഒരു വലയം തീർക്കുന്നു ലക്ഷക്കണക്കിന് മലക്കുകൾ വന്നു വന്ന് നിറയുമ്പോഴോ അമ്മാകിന്റെ വാക്കുകളിവാകും ഇഷ്ടവാദി രാഷ്ട്രീണാസനത്തിൽ പടച്ചതമ്പുരാരെയാണോ ഇതേവരെ ആരാധിച്ചത് ആരുടെ മുന്നിലാണോ കൈകെട്ടി നിന്നത് ആരോടാണോ കൈകൾ ഉയർത്തി കണ്ണു നീരത്തി ചെയ്തത് പലച്ചറ പേര് ഞങ്ങളെ കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ ചിന്തിച്ചത് മുഴുവനും നിന്നെ ഞങ്ങളുടെ ആവലാദികൾ ഞങ്ങളുടെ വേവലാദികൾ ഞങ്ങളുടെ ആദികൾ ഞങ്ങളുടെ വ്യാധികൾ ഞങ്ങളുടെ വേദകൾ ഞങ്ങളുടെ ശ്രദ്ധകൾ സർവ്വദ വന്നത് നിന്നോടാനം പോലാണ് അള്ളാഹുവേ ശ്രദ്ധിക്കരഞ്ഞത് നിന്റെ മുമ്പിലാണ് അള്ളാഹുവേ കണ്ണു നീരുതീർത്തത് നിന്റെ മുമ്പിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രമാതകൾ ഒരു കേൾപ്പിക്കുകയാണ് ആ സമയത്ത് അള്ളാഹു ആ അല്ലാറുവിന്റെ മുമ്പിൽ പേടിച്ച രണ്ട മാൺവേടയെ പോലെ നമ്മൾ നിൽക്കുന്നു അവസാനിപ്പിക്കുന്നു ഞാൻ സമയം പരിമിതമാണ് അല്ലാണ്ട മുമ്പിൽ കൊടും കുറ്റവാളികളെ പോലെ തലകുനച്ചു നിൽക്കുകയാണ് അല്ലാറു ആണെങ്കിലോ പടത്തറപ്പ് നമ്മുടെ വിതാരണതെയ്യാൻ പോവുകയാണ് ഇതേ വരെയുള്ള ജീവിതത്തിന്റെ ആകത്തുക വരാൻ പോവുകയാണ് നമ്മളാണെങ്കിലോ അപ്പിന്ന മുമ്പില് നിൽക്കുന്നു ഞാനല്ല പറയുന്നത് ഖുർആാനാണ് പറയുന്നത് اذللمذرمون انا كسور سيمن ربي ربنا بسرنا وسمعنا فرجعنا نعمل صالحا انامكن ولو ترى وجهن كان النل ااذللمذرمون انا كسور سيمن ربي ربنا قدوتوا والدال مندر تلغنت تلكيان بيد كارل അല്ലാ <sup> നീ അറിഞ്ഞോ പ്രവിതരിച്ചത് നീ അറിഞ്ഞുവല്ലോ ശക്തയിൽ ആരും അറിയാതെ ചെയ്തു കൂട്ടിയ അപരാധങ്ങളും ഇടുവനും ഒരു പുസ്തക താളകളിനെ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ മുമ്പിൽ വന്നു നിൽക്കുമോ കഴിഞ്ഞുപോയ ജീവികൾ തലയൊന്ന് കൊണ്ടിച്ചു നോക്കുവാൻ ധൈര്യമില്ല ഇവിടെ നെഞ്ചും തിരിച്ചു നടക്കുന്നവന് പഴനീര് പാങ്ക് കേട്ടാല് പുറം തിരിഞ്ഞോടുന്നവനെ അവന്റെ പ്രവാചകനെ സ്നേഹിക്കാത്തവനെ ആര് വിളിച്ചാലും ഇല്ലെന്ന് പറഞ്ഞ് പത്താഹങ്കാരി റപ്പിന്റെ മുമ്പില് തല പൊന്തിക്കാൻ നിനക്ക് പറ്റുകയില്ല കൊടും കുറ്റവാളിയാണ് നീ നീ റമ്പിന്റെ മുമ്പില് തലകുനിച്ചു നിൽക്കുകയാണ് തലകുനച്ചു നിന്നിട്ട് മുഖത്തോട് നോക്കാതെ മനുഷ്യൻക്കുമത്ര അവിടെ വെച്ചിട്ട് എത്രയോരവസ്ഥയാണിത് കുറാൻ പറയുന്നു റപ്പിന്നെ നേരെ നോക്കാൻ ധൈര്യമില്ല തലകുനച്ചു നിന്നിട്ട് പറയുമ്പാഹുവേ റൊബന വസേന െ നരകന്യങ്ങളെ കണ്ടു സ്വർഗന്യങ്ങളെ കണ്ടു ഈസാനങ്ങളെ കണ്ടു സിറാബിനെ കണ്ടു ഹിസാബ് നങ്ങൾ കണ്ടു ഇതേപോലെ ഞങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ ഉരിയാമാരുടെ പച്ചത്തരം എന്ന് പറഞ്ഞവരാണ് ഹിസാബിനെ നിഷേധിച്ചവർ സിറാത്തിന് നിഷേധിച്ചവർ ഈസാന നിഷേധിച്ചവർ ചാക്കേദിച്ചവർ അവർ പറയും അബാനങ്ങൾ കണ്ടു അല്ലാതെ കേട്ടു മകളുടെ ശബ്ദം കേട്ടുവട്ടു ചൂറിന്റെ കാകലം കേട്ടുവള്ളാഹേ പടച്ചവരേ ശരിയാണ് ശരിയാണ് ശരിയാണ് ശരിയാണല്ലാഹേ പറ ഞങ്ങൾ ഒന്നുകൂടി ഭൂമിയിലേക്ക് മടക്കുമോ ഒന്നുകൂടി ഞങ്ങളെ ഭൂമിയിലേക്ക് വിടുമോ ഞങ്ങൾ നന്നായി ജീവിച്ചു കൊള്ളാം തമ്പുരാനെ ഇനി മദ്യപാനമില്ല ചൂടാട്ടമില്ല പലിശയില്ല അറാമില്ല അള്ളാഹുബേ പറ ഞങ്ങളെ ഒന്ന് തിരിച്ചുവിടുമോ ഞങ്ങൾ നല്ലത് ചെയ്ത് ജീവിച്ചോളാം തമ്പുരാനെ ഇനി കല്ല് പിടിക്കില്ല ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അള്ളാഹുവിന്റെ ആ സമയത്താണ് മനുഷ്യൻ ഓർമ്മ നൽകുന്നത് ആ സമയത്താണ് അവന് വീണ്ടും വിചാരമുണ്ടാകുന്നത് എടാ അവിടെ വെച്ച് വിചാരമുണ്ടായിട്ടെന്ത് കാര്യം വീണ്ടും വിചാരമുണ്ടാകേണ്ടത് അവിടെ വെച്ചല്ല പുറത്തു സജ്ജാണയോ അവിടെ വെച്ചാണു മനുഷ്യന് പുനരാലോചനയുണ്ടാകുന്നത് അള്ള ചോദിക്കുക അന്നാ ലഹുസിക്കറ ഇനി ഓർത്തിട്ട് കാര്യമെന്താ പൈഡ് ക്രോസ് ചെയ്തു പോയില്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ പിന്നിടുന്ന നിമിഷങ്ങൾക്ക് പുനരവധാരമില്ല കൊഴിഞ്ഞുപോകുന്ന ദിവസങ്ങൾ തിരിച്ചു വരില്ല നിരാശയോടെ നോക്കി നിന്നിട്ട് കാര്യമില്ല ആശയോടെ മാടി പിളിച്ചാൽ തിരിച്ചു നമ്മുടെ അക്കളേക്ക് വരികയുമില്ല സമയമൂല്യമാണ് ഇവിടെ വെച്ച് തീരുമാനിക്കുക നാളെ അള്ളാന്റെ മുമ്പിൽ തല നിൽക്കുമെന്ന് വിശുദ്ധ കുറാൻ അള്ളാവ് ആ സമയത്ത് നിൽക്കാൻ ഒപ്പം ഇതാണ് മഹിഷറ ഇനി ഹിസാബ് സിറാത്തും അതൊക്കെ ഇൻഷാ അള്ളാമൊക്കെ പിന്നീടിനെ കാണുമ്പോ പറയാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഏതായാലും പല ലോകം ഉണ്ടാവും അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ ആ പല ലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ എടുക്കേണ്ടി വരും എങ്ങനെ എടുക്കേണ്ടി വരും നോക്കൂല്ല അല്ലാടെ നേരെ നോക്കാൻ പറ്റുമോ നമ്മളൊരു വലിയ അപരാധം ചെയ്തിട്ട് മുമ്പിൽ നിൽക്കണ വാപ്പാറുമ്പിൽ പോയി നിൽക്കുക വാപ്പാർക്ക് ചെയ്തല്ലോ നാണം കാരണക്കാരെന്ത് ചെയ്യൂല നോക്കൂല്ല ഇങ്ങനെ നിന്നിട്ട് ചെയ്തു അവൻ നിന്ന ഭക്ഷണവും തിന്ന് അവൻ തന്ന വസ്ത്രവും ധരിച്ച് അവന്റെ സൗകര്യത്തെ കിടന്നുറങ്ങി അവന്റെ വിധിവിലക്കുകൾക്കെതിരെ ചെയ്തവർ തല കുഞ്ഞു നിൽക്കും വരരുവർ തല പൊന്തിച്ച് നിൽക്കാൻ തോൽപ്പിക്കുന്നില്ല അല്ലാണ്ട് ഒരു തല പൊന്തിച്ച് ഇങ്ങനെ നിക്കാ ദോപ്പിക്കരു മൂന്ന് ദിവസം നമ്മുടെ പ്രഭാഷണം അലഹമ്മദ നൂറുകണക്കിന് ആളുകൾ ഒരു ഒരു സാഗരം പോലെ വന്നു കേട്ടു ഈ മൂന്ന് ദിവസത്തെ ഘട്ടവും യോജൂം താപത്തിലുള്ള പഠിച്ച് ഞാൻ അവസാനിപ്പിക്കുക പരസ്പരം സ്നേഹിച്ച് സ്വർഗത്തിലോട്ട് പോകുന്ന മുത്തക്കികളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഭാര്യയില്ല മക്കളില്ല ജീവിതത്തിൽ സമ്പാദിച്ചതൊന്നുമില്ല റബ്ബിന്റെ മുമ്പിൽ ഒരു ചാണ്ടിൽ സൂര്യനുദിച്ചു നിൽക്കുമ്പോൾ ജീവിതമല്ല പ്രശ്നം പരലോകമാണ് പ്രശ്നം പരലോകമാണ് പ്രശ്നം പാരം പോലെ പരന്നുകിടക്കുന്ന പരക്ഷടം പാപികളിടുന്ന വിധിയിൽ പാതിപടിയിൽ പാതയെ നെട്ടപ്പെട്ട പതികനെ പോലെ പരലോകത്ത് പരിഭ്രാന്തിയോടെ പതറി നിൽക്കേണ്ട പതിതരല്ല അവിടേക്ക് ചെല്ലുമ്പോ നമ്മുടെ ജീവിതത്തിലും കയ്യിലും ഉണ്ടാകണം അള്ളാന്റെ ഉണ്ടാവണം അള്ളാടെ മുമ്പിൽ തല പൊന്തിച്ച് നിൽക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം പറഞ്ഞു രണ്ട് വിഭാഗം ആളുകൾ നാളെ അള്ളാഹിന്റെ മുമ്പിൽ തല പൊന്തിച്ചു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ ഒന്നാമത്തെ ആളാരാ നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും ചവിട്ടിത്താട്ടിട്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഭൂമിയിൽ ഒരു വിലയുമില്ലാതെ നമ്മൾ ഏറ്റവും ചവിട്ടിത്താട്ടി അങ്ങേറ്റിരിക്കുന്ന ആളുകൾ അവർ നാളെ വലിയ ആളുകളൊക്കെ അയാളെ ചവിട്ടിത്താറ്റുകളൊക്കെ കുനിച്ചു വെക്കും അയാൾ തല കൊള്ളിച്ചു ওয়ানামতে আওয়া করছালান্দ রাসূলি পরণু আল মুহাজিলুনা বানগলিকুনা মুহাতিল মার আত্বারান নাসি আদনাকানা ইয়াওমাল কিয়ামা ോകത്ത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നവര് അവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് ഉമർദി അള്ളാഹുബലാന്ന് പറഞ്ഞത് ഈ വാക്ക് കേട്ടപ്പോൾ ഉമർന്നിയല്ലാഹു എന്ന് പറഞ്ഞു പോയി നബിയേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ജിഹാദിന്റെ പണനിലങ്ങളിൽ ഈ ഉമറിന് ആവശ്യമില്ലായിരുന്നതെങ്കിൽ മറ്റു റസൂരില്ല നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ തലബുദ്ധിക്കുന്ന നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ എപ്പോഴേലും ബാങ്ക് വിളിക്കാൻ അവസരം കിട്ടുക ബാങ്ക് വിളിച്ചിരിക്കണോ ആളപ്പരലോകത്തുള്ളാഹിന്റെ മുമ്പിലെല്ലാവരും തലവുനിച്ചു നിൽക്കുമ്പോ ആ സമയത്ത് മലക്കുകൾ പറയും ഒരു വിഭാഗം ആളുകളെ തലബന്ധിക്കട്ടെ അവരാരാണറിയുമോ നന്നായിട്ട് കിടന്നിറങ്ങാൻ ശരീരം പറയുമ്പോ ആ സമയത്ത് നിന്ന് ഉറക്കത്തിൽ നിന്ന് ശരീരത്തെ നിത്യമായിട്ട് നമസ്കാരം നിർവഹിച്ചവർ അവരെല്ലാവരും തന്നെ ബൊന്തിച്ചു നിൽക്കട്ടെ എന്ന് വിശുദ്ധക്കുറ ആ നാളെ അല്ല ൂറ് വിളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നിൽക്കുക അല്ലാണ്ട് തലത്തിൽ ഭാഗ്യം നൽകട്ടെ കൂടെ ഒരു ബുദ്ധിമുട്ടില്ല ഉറപ്പൊന്നും കളയല്ലൂർ അരമണിക്കൂർ എഴുന്നേറ്റുക നാലിറക്കാത്ത എട്ടോ പറഞ്ഞ നാലിറക്കാതെ പതിവായിട്ടതാണ് എന്തിറക്കാത്തോ രമസ്കരിക്കുക നാല്റക്കാതെ എന്നിട്ടോ യൂണും ഹൌഫും റബ്ബിനോട് ജീവിതത്തിൽ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ആയുധം ഇതിനേക്കാൾ വലിയ ആയുധം നിനക്കെന്ത് വിഷമുണ്ടോ സഹജം നിസ്കരിച്ചു പാതിരാത്രി എല്ലാവരും കടന്നുറങ്ങോ എഴുന്നേറ്റ റബ്ബിനോട് ഹൌഫൻ വത്തമ്മ പേടിയോടെയും ആഗ്രഹത്തോടെയും ചോദിക്കും അള്ളാഹുദിനൊക്കെ നൽകുന്നു അള്ളാഹുവിന്റെ മുമ്പിൽ തഹജോസ്കരിക്കാത്ത ഒരു വലിയ പോലും ചരിത്രത്തിൽ വന്നിട്ടില്ല എല്ലാ ഒരേ ആൾക്കാരും സഹജം ജീലാനിയുടെ ആണ്ടിന്റെ അന്ന് റഷ്മ മഹാന ആണ്ടിന്റെ അന്ന് അവരുടെ ജീവിതത്തിന്റെ ഭാഗത്തിന്റെ ആയിരത്തിനൊരംശമെങ്കിലും ജീവിതത്തിൽ കൊളുത്തിയെടുത്തുകൊണ്ട് പോയി അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി സംഘാടകർ സഹായിച്ചവരെല്ലാവരും അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരു വായോടെ ഈ മൂന്ന് ദിവസം ഞാൻ നിങ്ങളോട് പ്രസംഗം നടക്കുമ്പോൾ ഒരു വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്റെ അറിവിന്റെ പരിമിതിയിൽ ഒതുങ്ങി നിങ്ങളോട് പറഞ്ഞത് കാരണം ലോകത്ത് ആധികാരികമായി ഇതിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഒരേ ഒരു സമൂഹം ഖുർആന്റെ അറിവുകാടുകൾ ലോകം മുഴുവനും ഉട്ടുനോക്കുന്ന ഒരു വിഷയം മൂന്ന് ദിവസം കൈകാര്യം ചെയ്ത് ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായാൽ കവി പറഞ്ഞതുപോലെ അറിഞ്ഞതിൽ പാതി പറഞ്ഞില്ല പറഞ്ഞതിൽ പാതി പതിരായി പറയാൻ വേണ്ടി പാതി പറയാൻ പറ്റില്ല ഇനി പറഞ്ഞതിൽ പാതി പതിരായി പോയി എന്നാണ് എന്റെ വിലയിരുത്തൽ പതിരാണോ കതിരാണോ എന്ന് വിലയിരുത്തേണ്ട നിങ്ങളുള്ള ആളുകളാണ് അള്ളാഹിന്റെ മുമ്പിൽ തല കൊന്നിച്ച് നിൽക്കാതെ ഇനിയുള്ള ജീവിതത്തിൽ അവന്റെ പൊരുത്തത്തിൽ ഹറാമുകളെ ഉപേക്ഷിച്ച് നമസ്കാരങ്ങളും പർന്നുകളും നിർവഹിച്ച് ചുന്നത്തുകളെ ജീവിതത്തിന്റെ മുഖ റബ്ബിന്റെ മുമ്പിൽ തല പൊന്നിച്ചു നിൽക്കാനുള്ള ഒരാർജവം ഉണ്ടാക്കിയെടുക്കണം എന്ന ഓർമ്മക്കുറിപ്പോടെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാള്ളക്കും ദുആ ചെയ്ത് നമുക്ക് എല്ലാവർക്കും തിരിയാം നൽകട്ടെ اللهم صل على محمد اعاده الرحم للصرا وسلم صلى الله عليه لما علا بنا محمد خير الرسول تاج المكرم صلى الله عليه മലേഹി മുൻസിമ അമ്മ യോ മല്ലി ബീ തമ സാഹോ എൽ സമാമോ അമ്മ ജിബിരി പാല ലോ ത സൗവാഹോ جادادي النبي هو دا محمد ترك الصلاه ولم يصيم صلى الله عليه في الحشير شاطعون محمد يوم القيامه انا ام صلى الله عليه ميلاد سيدنا محمد ام القراء ولدم اللهم صل الله امام سيدنا محمد سيط النبي امم اللهم صل الله اللهم صل على سيدنا محمد والآل اهل البيت صلي وسلم و صلى الله على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ربنا ولمنا انغصنا ولم نغفر لنا ان تكوننا من الخاسرين ربنا ولمنا انغصنا بالمغفرة كثيرا كبيرا لا يغفر الذنوب الا انت فغفر لنا مغفرة من عندك وارحمنا انك انت الغفور الرحيم لا اله الا الله سبحانك اين كنت من الله العالمين اللهم لا مانئ لما عيتيتا ولا معدي لما منعتا ولا رب لما قليتا ولا مبدل لما حكمتا ولا ينفع ذا الجد من قل جد اللهم كلنا ناصرا وإلينا ناظرا وعلينا منعما وبنا رؤوفا ومنا راضيا اللهم اجعل من الحلال مرزقنا ومن الحرام محصومنا واجعل التوفيق رفيقنا وسراط المستقيم طريقنا واوصلنا الى خير مقاصبنا يا رب العالمين ഹിമായാഹിതേ പരമദയാാലുവായ തുമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തുംപുരാനെ പാവിജീവിതം പാപരഹിതമാക്കണേ അല്ല പടച്ചവനേതിന്റെ പരലോകം ഇത്രയേറെ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോ വിശാദി ഞങ്ങളെ പടിതെട്ടിക്കുമ്പോ അള്ളാഹുവേദിന്റെ ബലം ഞങ്ങൾക്ക് നൽകണേ തുമ്പുരാനെ തെറ്റുകളിലോട്ട് വടിതി വീഴിക്കില്ല ഇനിയുള്ള ജീവിതം ഒരു പുരുഷായുത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കടന്നുപോയി തമ്പുരാനെ ഇന്നലകളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നിന്റെ മുമ്പില് പറയാനൊന്നുമില്ല അമ്മാകേ പടച്ചവനെ മരണം വാറുപോലെ മുമ്പിലൂടെ നിശബ്ദമായി നടന്നു നീങ്ങുമ്പോ മരണദൂരൻ എന്നോ ദിവസം നിങ്ങൾ കയറി എന്ന് തിരിച്ചറിയാൻ കടിയാടെ എപ്പോൾ മരിച്ചാലും നിന്റെ മുമ്പിൽ തല നിൽക്കാനുള്ള ജീവിതം ഇനിയെങ്കിലും തരണേതും മ്പുരാനെ എല്ലാം വിട്ടറിഞ്ഞ് മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ മണ്ണറകളെ നീ മണിയറയാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോലെ കബരടം നീ വിശാലമാക്കണേ ദമ്പുരാനെ ഈ സദത്തിലിരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ബന്ധുമിത്രാദികൾ മക്കൾ സഹോദരങ്ങൾ അനേകം ആളുകൾ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ട് ദമ്പുരാനെ മണ്ണറയ്ക്കുള്ളിലേക്ക് അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്കാർക്കും അറിയില്ല അവരുടെ മണ്ണറക്കുള്ളിൽ നീ ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചമായി നിങ്ങളുടെ ദ്വാകള തലാത്തുകൾ സ്വീകരിക്കണേ അല്ല അവര് കബറിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ നീ മാറ്റിക്കൊടുക്കണേ തുമ്പുരാനെ മാറ്റിക്കൊടുക്കണേ തുമ്പുരാനെ അവരുടെ കബറ് നീ പ്രകാശിപ്പിക്കണേ അല്ല പടച്ചവനെ ഞങ്ങളെ ഇൽവിന്റെ വടികളിലോട്ട് പറഞ്ഞു വിട്ട് ഞങ്ങളുടെ ധാരാളം പിതാമഹന്മാർ അല്ലാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉമ്മയുടെ ഉമ്മമാർ അവരൊക്കെ മണ്ണിന്റെ അവരുടെ കവലിലേക്ക് ഞങ്ങൾ ഓരുന്ന കുറാതെ ഗതിബലം എത്തിക്കണേല്ല പടച്ചവനെ ഈ സദസ്സിൽ ധാരാളം രോഗികളുണ്ട് രോഗങ്ങൾ ശിവയാക്കനേതം കുരാനെ മാരകമായ രോഗങ്ങൾ കൊണ്ട് വരയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിവ നൽകണയല്ല നീ റബ് നീ കാ രോഗം നൽകുന്നവൻ നീയാണ് തമ്പുരാനെ അത് ശിവയാക്കാൻ നിനക്ക് മാത്രമാണ് കഴിവുള്ളൊരു തമ്പുരാനെ അല്ലാകെ പടുത്തവനെ ഏത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരെ നീ നരകിപ്പിക്കല്ലേ അല്ലാ നരകിപ്പിക്കല്ലേ അല്ല വേദന തീറ്റിക്കല്ലേ അല്ല എല്ലാ രോഗങ്ങളും ശിവയാക്കുന്നേ തമ്പുരാനെ എന്ന മാരകമായ ദുരന്തത്തിന്റെ നടുവിൽപ്പെട്ടുപോയവർ അല്ലാകെ ആ ദുരന്തത്തിന്റെ ആഴം നിനക്കറിയാം തമ്പുരാനെ അവരെ വേദനിപ്പിക്കല്ല വേദനിപ്പിക്കല്ല വേദനിപ്പിക്കല്ല പടച്ചവനെ ക്യാൻസർ വന്ന് ക്യാൻസർ വന്ന് കീമോതെറാപ്പി ചെയ്ത് ശരീരത്തിന്റെ തലമുടി മുഴുവനും കൊഴിഞ്ഞു മാറി രോമങ്ങൾ മുഴുവനും പൊഴിഞ്ഞു മോറി കരുത്ത് കരിവാളിച്ച് ഒരൽപ്പം വെള്ളം കുടിച്ചാലത് വെളിയിലോട്ട് ശ്രദ്ധിച്ച് വേദന തിങ്ങിക്കരിയെന്ന് ക്യാൻസർ രോഗികൾ പലയിടത്തും കൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് നീശുകയാക്കനയല്ല ആ രോഗം വന്ന് മരിച്ചുപോയവർ അവരുടെ രോഗത്തിന് പകരമായി ഇവർക്ക് സ്വർഗം നൽകണേ അല്ല അങ്ങനെ മരിച്ചുപോയ അയൽപക്കക്കാരനുണ്ട് നീറിടം വിശാലമാക്കണേ നമ്പുരാനെ അള്ളാഹ വിവേചങ്ങളുടെ ബന്ധങ്ങളുടെ പരിണരവലീ ദു ആ എല്ലാടും അള്ളാഹ വിവേചങ്ങൾ ആരെയും നീ ആ മാരക കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ പരീക്ഷിക്കല്ല റബേ ഈശ്വരത്തിലിരുന്നാ നീൻ പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ആ നീ വരുത്തല്ല തമ്പുരാനെ വരുത്തല്ല തമ്പുരാനെ പരുത്തല്ലതമ്പുരാനെ ഒരു രോഗി അറിയുന്നതിന് പതിനഞ്ച് വർഷം മുമ്പേ രോഗാണുക്കള് ക്യാൻസറിന്റെ ശരീരത്തിൽ കയറുമെന്നാണ് ഈ ശരീരത്തിൽ ഏതൊക്കെ രോഗാണുക്കൾ കൂട് കെട്ടിപ്പാർക്കുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലതമ്പുരാനെ പരസ്യങ്ങൾ അറിയുന്ന അല്ല ഏത് സ്കാൻ ചെയ്താലും നീ വിചാരിച്ചാല് കണ്ടുപിടി നീ വിചാരിച്ചില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല അറബ് അറിഞ്ഞ രോഗങ്ങളുണ്ട് അറിയാത്ത രോഗങ്ങളുണ്ട് അല്ലാകുവേ അല്ലാകെ നീ കാ ോളേ <imitation> അല്ലാ ിച്ചത് മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി വിറ്റുതുലച്ച് കടത്തുന്നതിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ വരുത്തല്ലേടേണ്ട അവസ്ഥ വരുത്തല്ല കടച്ചവനെ ഞങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ അല്ലാഹേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞവർ അല്ലാതെ ആരുമനെ ഒരു രോഗം വന്ന് കിടക്കുന്ന അവസ്ഥ കാണിക്കല്ലേ അല്ല കാണിക്കല്ലതമ്പുരാനെ ഞങ്ങളുടെ പൊന്നുമാർ മാതാപിതാക്കളീ അതുകൊണ്ട് പരീക്ഷിക്കല്ലറബേ ഞങ്ങൾക്ക് വേണ്ടി കെട്ടപ്പെട്ട് കെട്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ പൊന്നമ്മമാർ അല്ലാതെ ഞങ്ങൾ വളർന്ന് വലുതായി നിൽക്കുമ്പോഴവർ ഈ രോഗം കൊണ്ട് പെടയുന്ന അവസ്ഥ ഞങ്ങളെ കാണിക്കല്ല അല്ല കാണിക്കല്ലതമ്പുരാനെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങളൊക്കെ ശിഭയാക്കണേയല്ല ആരോഗ്യം നൽകണേ ദമ്പുരാനെ ആയുരാരോഗ്യ സൗഖ്യം നൽകണയല്ല പടച്ചവനെ അവരുടെ പൊരുത്തമുള്ള മക്കളാക്കണേദം കൊരാനേ ഞങ്ങൾക്ക് വേണ്ടി അവരനുഭവിച്ച ത്യാഗത്തിന് പകരം ഈ സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പലിപലവും നിശ്ചയിക്കല്ലേ അല്ല ടത്തവനെ ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ കൂട്ടാളികളായി തന്ന ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ വസ്ത്രങ്ങളലക്കി ഞങ്ങൾക്ക് ഭക്ഷണം പാചകം അല്ലാഹുവേ ജീവിതത്തിന്റെ സുഖത്തിന്റെ ഒരു ഭാഗം മുഴുവനെ ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ച അള്ളാഹുവേ ഞങ്ങളെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അവരെ നീ സാരി കാത്തുകളാക്കണേ തമ്പുരാനെ അസുഖങ്ങളൊന്നും വരുത്തല്ല അല്ല ശിവയാക്കണേ തമ്പുരാനെ നാളെ സ്വർഗത്തിന്റെ കട്ടിലിൽ ഒരുമിച്ചിരിക്കുന്ന <iday> ി ഞങ്ങൾ ഒരുമിച്ചു കൂട്ടണേയല്ല അതിന് ഞങ്ങൾക്ക് ഇരുവർക്കും നിനക്ക് പൊരുത്തപ്പെട്ട ജീവിതം നൽകണേ ദമ്പുരാനെ അല്ലാഹു ഞങ്ങൾക്ക് നീതന്ന ഞങ്ങളുടെ പൊന്നുമക്കൾ ഞങ്ങളുടെ പൊന്നുമക്കൾ അവരെ അഹുനീങ്ങളാക്കുന്നല്ല എത്ര പാവപ്പെട്ടവനും എത്ര വലിയവനും ഏറ്റവും ഇട്ടുമന്റെ മക്കളാണ് തമ്പുരാനെ അവന്റെ മക്കൾ വളരുന്നത് കണ്ട് സന്തോഷത്തോടെ കാണാൻ അവസരം നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ മക്കൾ കാരണത്താലും മറ്റൊരു മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥ വരുത്തല്ലതും പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സൽ സ്വഭാവികളാക്കണേ അല്ല പതിനൊന്നാമത്തെ വയസ്സിൽ കേരളം മദ്യപിക്കാൻ തുടങ്ങുന്നു എന്ന ചൂടുള്ള വാർത്തയുടെ നടുവിൽ അല്ലാതെ പൊന്നുമക്കളെ നീ ഒരു ഹറാവിൽപ്പെടുത്തല്ലതും പുരാനെ ആ സ്വഭാവം നൽകല്ലേ അല്ല അങ്ങനെയുള്ള മക്കളെയോത്ത് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുള്ളത് മാറ്റിക്കൊടുക്കണേ തുംപുരാനെ ഞങ്ങളുടെ മക്കൾക്ക് നീ അസുഖം വരുത്തല്ലേ പടച്ചവനെ ഒരു രോഗം വരുത്തല്ല പിഞ്ചുമക്കളെയും കൈകളിൽ താങ്ങിപ്പിടിച്ച് ആശുപത്രിയിലൂടെ നടക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല തമ്പുരാനെ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശിവ നൽകണയല്ല പടച്ചവനെ രാവിലെ തലാം പറഞ്ഞ് കവിളത്ത് കെട്ടിപ്പിടിച്ചും അതെന്ന് ഉപ്പാന്ന് വിളിച്ച് രണ്ട് കവളിലും മാറി മാറി സ്കൂൾ ഭാഗം തൂക്കി സ്കൂളിലോട്ട് പോയാൽ സ്കൂൾ ബസിൽ കയറിപ്പോയാൽ തിരിച്ചു വരുന്നതുവരെ നെഞ്ചിരുത്തിയാണ് റബ്ബെ അല്ലാഹിതെ ഡ്രൈവറിന്റെ കണ്ണെണ്ണു തെറ്റുമ്പോട് കുഞ്ഞുങ്ങളെ ശ്വാസം മുത്തുമരിക്കുന്നു അല്ലാഹിതെ പാർവതി പുത്തനാടിൽ വാഹനാപകടം നടക്കുമ്പോ ശ്വാസകോശത്തിൽ ചെളുകേറി അറിഞ്ഞിട്ട് കിംസ് ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്ററിൽ ഒമ്പത് ദിവസം ജീവനോട് മല്ലടിച്ചു പോയ കുരുന്നുകൾ അവർക്ക് വേണ്ടി ദുമായി കരഞ്ഞു കണ്ണീരുമായി ആശുപത്രിയുടെ ഭിത്തിയിലെല്ലാം തകർന്നതുപോലെ ചാരിയിരുന്ന മാതാപിതാക്കൾ കൺവെട്ടത്ത് നിന്ന് മാറിയിട്ടില്ല തമ്പുരാനെ ഞങ്ങളിലാർക്കും നീ എങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അള്ള പടത്തവനെ നീ അള്ളാഹിവെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളേറ്റവും സ്നേഹിച്ച് ഞങ്ങളുടെ മക്കൾക്ക് കവറ് തീർക്കേണ്ട നീനങ്ങളിൽ ആർക്കും പിരിക്കലേ അല്ല അപകട കാക്കണേ അല്ല ആക്സിഡന്റിൽ പെട്ട് ശരീരഭാഗങ്ങൾ മുഴുവനെ ചിഹ്നച്ച് ആരോരും നോക്കാനില്ലാടെ നടു റോഡിൽ ഞങ്ങളുടെ മയ്യത്തുകൾ കാട്ടയും കൊത്തിവലിക്കുന്ന ദുരവസ്ഥ വരുത്തല്ലേ അല്ല പടത്തവനെ സന്തൂക്ക് കെട്ടിലേക്ക് എടുത്തു വെക്കാൻ കഴിയാറ് അവയവങ്ങൾ കുത്തയിൽ വാരി പോലും വന്ന് എങ്ങനെയെങ്കിലും പൊതിഞ്ഞടക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല പടച്ചവനെ മരണം നന്നാക്കണേ ദമ്പുരാനെ ഈ കൂട്ടത്തില് ധാരാളം ആളുകൾ നിന്റെ നേരെ കൈകൊളിയെത്തുന്നത് കാണുന്നില്ലേ അല്ല ഈ ആമീ പറയുന്നവരുടെ ദുഃഖം നീ കാണുന്നില്ല തമ്പുരാനെ ഓരോരുത്തരും വസ്ത്രം കൊണ്ട് ജീവിതത്തിന്റെ ദുഃഖങ്ങളും അറച്ചു വെക്കുന്നു അല്ല മുഖത്തെ പുഞ്ചിരി അകത്തെ ദുഃഖം അറിയാതിരിക്കാനുള്ള മൂടുപടമാണ് ആരോടും പറയാതെ രഹസ്യമായി വെച്ചിരിക്കുന്ന നൊമ്പരങ്ങൾ അറിയുന്ന റബ്ബെ യാ പറയുന്ന പാവങ്ങൾക്ക് നീ അത് മാറ്റിക്കൊടുക്കണേ നമ്പുരാനെ കച്ചവടം ചെയ്യുന്നവർ കട്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണയല്ല പടച്ചവനെ വിദേശത്ത് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട് പടച്ചവനെ ഞങ്ങളുടെ വളുകക്കാനെത്തുന്ന വിദേശത്ത് നിന്നെപ്പോഴും വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപകടങ്ങളിൽ നിന്ന് കാക്കണയല്ല ുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കനയല്ല ഗൽഫിന്റെ കലാപകലുഷിതമായ അന്തരീക്ഷത്തില് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് ഒരപകടവും വരുത്താതെ കാക്കണയല്ല കാക്കനല്ലാ കാക്കണേ തമ്പുരാനെ അവരുടെ കുടുംബത്തെ ഭാര്യമാരെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കണയല്ല പഠിച്ചവനെ എന്തൊക്കെ സമ്പാദിച്ചാലും ഒരു നാൾ ഞങ്ങളിവിടെ നിന്ന് വിട പറയുന്ന തമ്പുരാനെ വിട പറയുന്ന ഈ സദസ്സിന് വേണ്ടി സംഘാടകരായി നടന്നവർ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ അവരെ ത്യാഗത്തിന് നീ നല്ല പ്രതിഫലം നൽകണേയല്ല എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് സുഹൃത്ത് നീ കുടുംബ ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം നൽകണേയല്ല ഇവിടെ സേവനമരട്ടിക്കുന്നമാർമയങ്ങൾ ഓരോരുത്തർക്കും നീ കയറി നൽകണേ തമ്പുരാനെ ഈ സദസ്സിൽ അങ്ങകലെ നിന്ന് ഓടിയെത്തിയ സഹോദരങ്ങൾ മുത്തല്യമങ്ങൾ ഈ പാവപ്പെട്ടവനെ കൽവിൽ സ്നേഹിക്കുന്നവരല്ലാതെ ആ സ്നേഹം നീ സ്വർഗം വരെ നിലനിർത്തണയല്ല അവരെ ജീവിതത്തിൽ അതിന്റെ ഐശ്വര്യം നൽകണേയല്ല ഒരുമിച്ച് കൂടിയ സഹോദരിമാരവരെ ഭർത്താക്കന്മാരെ നിറങ്ങുന്ന ഭർത്താക്കന്മാർ വൈകുന്നേരം വെള്ളത്തുള്ളിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന അവസ്ഥ വരുത്തല്ല ആ പാവങ്ങളെ നീ ജീവിതത്തിൽ ഒറ്റയാക്കല്ലതും പുരാനെ നാളെ കബറിലും അല്ലാതെ നാളെ ഞങ്ങൾ മരിച്ചാഴ്ച നിസ്കരിക്കാൻ ആയിരക്കണക്കിന് സാലിഹിങ്ങളെ തരണേം കബറുടെ കീട്ട് തിരിച്ചു പോകുമ്പോ ഞങ്ങളീ ചൊല്ലിയും തിക്കറും ഖുർആാനും ഒക്കെ ഖബറിന്റെ പ്രകാശമാക്കണേ അല്ല നാളെ പരലോകത്ത് വരുമ്പോൾ അർഷിന്റെ തണല് നൽകണേ ദമ്പുരാനെ കിതാബ് വലത് കയ്യിൽ നൽകണേ അല്ല അവസാന സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമായിട്ട് വേദനിക്കുമ്പോ സ്വർഗാവ ശികളിൽ പെടുത്തണേ തമ്പുരാനെ പടച്ചവനെ അള്ളാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉമ്രയും നിർവഹിപ്പിക്കണേ അല്ല വിശുദ്ധ കഴപാലയം കണ്ണുകൊണ്ടൊന്ന് കാണാതെ ഞങ്ങളുടെ കണ്ണിനെ എന്നേക്കുമായിട്ടടപ്പിക്കല്ലേ അല്ലയുടെ ചാരത്തു വന്ന് നിന്നൂത്തലിക്കയാ എന്ന് പറയാതെ ഞങ്ങളുടെ നാവിന്റെ തരണം നിശ്ചലമാക്കല്ല തമ്പുരാനെ പരലോകത്ത് പ്രവാചകന്റെ ശപായു നൽകണയല്ല ഔതൽക്ക് കോരി കുളിപ്പിക്കണയല്ല സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദിരിക്കുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയല്ലതും കുരാനെ ദുനിയാവിൽ ഒരു തീ പെട്ടിക്കുള്ളിയിൽ ചവിട്ടിയാല് ഞങ്ങൾ കാല് പിൻവലിക്കുമല്ല ഒരു ഉറുമ്പ് കടിച്ചാല് സഹിക്കാൻ കടിയല്ലറബേ കോവർക്കെടുതയുടെ വലിപ്പമുള്ള തേളുകൾ ആഞ്ഞുകുത്തുമ്പോ ഞങ്ങൾ എങ്ങനെ സഹിക്കുമല്ലോ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അറവേ ഞങ്ങൾക്ക് സ്വർഗം നൽകണേതം കുരാനെ സ്വർഗത്തിന്റെ പഴം ഞങ്ങൾ കേട്ടിട്ടുണ്ട് രുചിച്ചു നോക്കിക്കണയല്ല സ്വർഗത്തിന്റെ പാനീയം കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ അവസരം നൽകണയല്ല പടച്ചവനെ ഞങ്ങൾക്ക് സ്വർഗത്തിലൊരൽപ്പിടം നൽകണയല്ല സ്വർഗം ചോദിക്കാൻ പറ്റൊരു സൽക്കരമവും ഞങ്ങളുടെ കയ്യിലില്ല ഒരു പെരുവരള് കുത്തി നിൽക്കാനെങ്കിലും സ്വർഗത്തിലൊരൽപ്പമിടം തരുമോ തമ്മുരാ അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല തട്ടിക്കളയല്ലടം പുരാനെ അള്ളാഹുവേ ഞങ്ങളോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങളെ സഹകരിച്ചവർ അള്ളാഹുവേ ഞങ്ങള് വിവിധ മഹല്ലുകളിൽ സേവനമരപ്പിക്കുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങളോട് സ്നേഹത്തോട് പെരുമാറിയവർ അള്ളാഹുവേ ഉസ്താറേ ദുവാ ചെയ്യണമെന്ന് ആരൊക്കെ ഈ വിനീതനോട് പറഞ്ഞിട്ടുണ്ടോ അവർ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ വിവിധ നാടുകളിൽ ഉറക്കം ായിരിക്കാം എവിടെയാണെങ്കിലും അവരെല്ലാവരുടെയും ഹലാലായ മുറാദുകൾ തമ്പുരാനെ തമ്പുരാനെ ഞങ്ങളുടെ അള്ളാഹു ഞങ്ങളുടെ ദ്വാകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ തട്ടിക്കളയല്ലേ അള്ള കടച്ചോനെ ഞങ്ങളെ ആട്ടിൽ ഓടിക്കല്ലേ തമ്പുരാനെ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഞങ്ങൾ എഴുന്നേറ്റ് നിന്റെ നേരെ കൈകൾ ഉയർത്തി കേഴുന്നതമ്പുരാനെ ഞങ്ങൾ യാദിക്കുന്നു അള്ളാഹു നീ തരാതെ ഞങ്ങൾ പോകില്ല പോന്നു പറഞ്ഞു ഞങ്ങൾ ആട്ട് ഓടിക്കില്ലേ അള്ള ഞങ്ങൾക്ക് തുറക്കണേതും പോരാനെ അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേതമ്പുരാന് അള്ളാഹുവേ ഞങ്ങള് നേരെ കരുണയുടെ നോട്ട് നോക്കണേ അള്ളാഹുവേ പാപം ചെയ്തു എന്നുള്ള കാരണത്താൽ ഞങ്ങളെ തള്ളലതും പോരാന് അള്ളാഹു നീ ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹുവേ െ സ്വീകരിക്കണേ തമ്പുരാനെ നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകി എന്ന ശുഭാപ്തി വിശ്വാസം നിങ്ങൾ കൊണ്ടുള്ള പറയുന്ന ഒരാളെപ്പോലും ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറ്റാതെ വിടല്ലേ വിടല്ലേ തമ്പുരാനെ يا غفار الظنوب ويا ستار القيوب اللهم ربنا عتنا من لدنك الرحمة وحيئ لنا من نمدنا رشدا اللهم إنا نهنا عبيدك اللهم عفاو الفقراء والمساكين المكسرون قد رفعنا إليك عيدينا راجينا راببين ولا تردنا عيدينا مجانا خائبين എല്ലോടെ احكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله مسل على محمد والآل أهل البيت سلم وصلى <سلّ> على جميع الانبياء المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته